ആ ഉറക്കമിളച്ച് കൃത്രിമമായി പാകം ചെയ്ത ആഹാരത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളിലും സുശുദ്ധിയിലും വരുത്തുന്ന പരിണാമ ഞാൻ പോകുന്നത് വളരെ വളരെ വളരെ വളരെ വളരെ സങ്കീർണമായൊരു ലോകത്തുകൂടിയാണ് നിങ്ങളൊപ്പം ഓടിയെത്തുമെന്ന് എനിക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ ശാസ്ത്രജ്ഞാനവും നിങ്ങളുടെ പരിചയങ്ങളും നിങ്ങളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും എന്നോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ അനുവദിക്കുമോ അത്രയും ചോദിച്ചിട്ട് പറയുന്നതാണല്ലോ ഞാൻ ഗ്രാമത്തിലൊന്നും നിൽപ്പെടുന്നില്ല ഗ്രാമം നഗരമൊന്നും ഭേദമില്ലാതെ കാരണം ആരുവായും പരിസര പ്രദേശങ്ങളും കൊച്ചിൻ ഡിവിഷനിൽ ഇരിക്കുന്ന സ്ഥലങ്ങളും കെല്ലിരിക്കുന്ന പ്രദേശങ്ങളും എല്ലാം ഗ്രാമങ്ങളായിരുന്നു ഗ്രാമങ്ങളാണ് പക്ഷേ ഇന്ന് അവയുടെ മുഖശാവത്തിൻ്റെതല്ല അവിടെ വസിക്കുന്നവർ ഗ്രാമവാസികളാണെന്ന് അവകാശപ്പെടുമ്പോഴും രാത്രി മുഴുവൻ പ്രകാശിക്കുന്ന അവിടെ ഒരു സസ്യമെങ്കിലും ഉറങ്ങുന്നില്ല ആ തടാകത്തിലും മറ്റുമുള്ള ഒരൊറ്റ മത്സ്യം പോലും ഉറങ്ങുന്നില്ല അവിടെ കാക്കകൾ രാത്രിയിൽ കരവിലാതെ കൂട്ടുന്നത് അവർ ഉറക്കളച്ചാണ് കോഴികൾ രാത്രിയിലിറങ്ങി ഭക്ഷണം കഴിക്കാൻ നീങ്ങുന്നതും പന്നികൾ രാത്രിയിലും മലമെല്ലാം തിന്നു തീർക്കുന്നതും നിങ്ങൾ അന്തരല്ലെങ്കിൽ കാണാം അതിൽ നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒന്നേ ഉള്ളൂ അതിന് ഞാൻ ഉദാഹരണവും പറയാം സസ്യങ്ങൾ അവരുടെ നിങ്ങൾക്കിതിനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ പുറത്ത് കിടക്കുന്ന ഒരു വട്ടു പന്ത്രണ്ടര മണിക്ക് ചെല്ലുന്ന മുറ്റത്ത് കത്തുന്ന ഒരു സി എം അമർത്തുമ്പോൾ നിങ്ങളുടെ മാവും ലാവുമെല്ലാം ഇലകൾ കൊണ്ട് കലകളാരവും കുഴിക്കുന്നത് കേൾക്കാം കലഹിക്കുന്നത് കാണാം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല വീടിന് പുറത്തേക്ക് സി എഫ് എല്ലാം കൊണ്ടോ ഇല്ല കൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഇനി നിങ്ങൾ പുറത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാം പോപ്പ് ചെയ്തിട്ട് നോക്കുക എന്തൊരു വല്ലാത്ത കോലാഹലം കേൾക്കാം മുറിക്കകത്തേക്ക് പോകുന്ന തിരിച്ചു വന്ന് വീണ്ടും ഓൾ ചെയ്യുക കോലാഹലം നിൽക്കുകയും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ കോലാഹലം എന്താണോ നോക്കിയാൽ അതുവരെ ഇളകാത്ത മാതിലെ എല്ലാം കൂടെ കൂടി തമിഴ് ഒരഞ്ഞിളകുന്ന കാണാം അവ രാത്രിയിലും കൂടി പാചകം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് അതിനെ ഒരു മാങ്ങ കുറച്ച് നിങ്ങളുടെ മകന് കൊടുക്കുമ്പോൾ ആ മാങ്ങ അവന്റെ ജനിതക സ്മൃതികളിൽ ജനിതക ആലേഖനങ്ങളിൽ തലയിലെഴുത്തിൽ പരിണാമങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളുടെ പ്രയത്നം തലമുറകളെ ആരോഗ്യത്തിലേക്കും സൗഷ്ടവത്തിലേക്കും കൊണ്ടുപോകാനല്ല നശിപ്പിക്കാൻ മാത്രമാണ് ശാസ്ത്രം സങ്കേതം നിങ്ങൾക്ക് ആനന്ദപ്രദമല്ല നിങ്ങളുടെ തലമുറകൾക്ക് അന്ത്യം കുറിക്കാനുള്ള അന്തകൻ മാത്രമാണ് നിരുപദ്രപകരമായി നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് ചാർജിൽപ്പെടുത്തി ഒരലക്തിക പ്രകാശം മുറ്റത്ത് രാത്രിയിൽ പ്രകാശിപ്പിച്ചു എന്നത് മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ അതുകൊണ്ട് കറണ്ട് കുറച്ച് കൂടുതൽ നിങ്ങളാണ് കൊടുത്തത് അതുകൊണ്ട് വൈദ്യുതി നിങ്ങൾ തെറ്റായി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെയും സമൂഹത്തിന്റെയും അന്തകൻ ആകുമാറ് സ്വപ്നങ്ങളിലും സുഷുപ്തിയിലും പരിണാമം സസ്യങ്ങളെ രാത്രിയിൽ പാചകത്തിന് പ്രേരിപ്പിക്കുക വഴി ആവാസ വ്യവസ്ഥയെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തതിന് നിങ്ങളെ കടുത്ത ശിക്ഷ നൽകേണ്ടതാണ് മനസ്സിലായില്ല മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾക്ക് സാധ്യത മാത്രമാണ് അല്ലെ കാരണം നിങ്ങൾ കണ്ടിട്ടില്ല ഇനി ഒന്ന് നോക്കുമോ വിളിച്ച് പറയോ ഇല്ലെങ്കിൽ അടുത്തോളവ പറയോ ഒന്ന് നോക്ക് എല്ലാ എല്ലാ ഇലകളും പക്ഷേ ഈ മാവലെ ഒഴിയുമ്പോ ശബ്ദം കൂടുതൽ കേട്ടു നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇല പറയണല്ലോ എന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ല വാഗയുടെ ഇലകളും വാഗവർഗത്തിൽപ്പെട്ട ഇലകളും ഒക്കെ കൂപ്പും രാത്രിയായാലോ ശരിയാണ് നിങ്ങളുടെ കുരിങ്ങയും വാഗയും ഒക്കെ ഈ കൊടുത്താൽ കൂക്കുന്നുണ്ടോന്ന് നോക്കുക പ്രകാശത്തിൽ പാകം ചെയ്യാൻ സുസജ്ജമാവുക എട്ട് മണിക്ക് ഉറങ്ങിയിരുന്ന നിങ്ങളെ ഉറക്കം കെടുത്തിയത് ഈ ഒരു പരിഷ്കാരം കൊണ്ടാണ് ഇന്നലെ നിങ്ങൾ കാലത്തുമുതൽ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മുനിങ്ങുകുന്ന ഒരു വിളക്കിന്റെ പ്രകാശത്തിൽ അന്നത്തെ തലമുറ പഠിച്ചതിൽ കൂടുതലൊന്നും പഠിച്ച് നിങ്ങൾ പഠിക്കന്മാരാ അന്ന് അവർ ചെയ്തതിൽ കൂടുതൽ ജോലിയൊന്നും ഇന്നും ജീവിത നിർവഹണത്തിന് നിങ്ങൾ ചെയ്യുന്നുമില്ല പക്ഷേ ഒരു പണിയും ഒരു പന്ത്രണ്ട് മണി ഒരു മണി കഴിയാതെ ഉറങ്ങാൻ നിങ്ങളെ ഈ പ്രകാശം സമ്മതിക്കുന്നില്ല അഥവാ പ്രകാശത്തിൽ ഉറങ്ങാൻ നിങ്ങൾ പരിചയ സമ്പന്നരായിരിക്കുന്നു ശരിയല്ല പ്രകാശത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഓൺ ചെയ്തു വെച്ച ടിവിയും തെളിഞ്ഞുകെത്തുന്ന ആലക്തിക വിളക്കുകളും അവയ്ക്ക് നടക്ക് കിടന്നുറങ്ങുന്ന നിങ്ങളുടെ തൊക്കിലേക്ക് അടിക്കുന്ന പ്രകാശം നിങ്ങളുടെ മുടിയിലടിക്കുന്ന പ്രകാശം ഉറങ്ങുന്ന നിങ്ങളുടെ തൊക്കു മസ്തിഷ്ക തരങ്ങളിലും മറ്റും പരിണാമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ശാസ്ത്രലോകത്തിനോ നിങ്ങൾക്കോ തിരിച്ചറിയേണ്ട എന്ന് വന്നത് അത് തൊഴിൽപരമല്ലാത്തതുകൊണ്ടാണ് അത് കേവലം ആരോഗ്യപരമായതുകൊണ്ടാണ് കേവലം ആരോഗ്യപരങ്ങളായ രംഗങ്ങളിൽ ഗവേഷണം നടത്താൻ രാഷ്ട്രങ്ങളോ ഭരണാധികാരികളോ കമ്പനികളോ വ്യക്തികളോ തയ്യാറാകുന്നില്ല എന്നും ആരോഗ്യത്തെ ഹനിക്കുന്നവയായാൽ കൂടി തൊഴിൽപരങ്ങളായ രംഗങ്ങളിൽ ഗവേഷണം നടത്തി കൂടുതൽ മെച്ചപ്പെട്ടവ എന്ന് പറയുമാറ് പരസ്യം നൽകി നിങ്ങളെ അപകടങ്ങളിലേക്ക് എത്തിക്കുവാൻ അവയെല്ലാം തയ്യാറാകുന്നു ഈ തരുണത്തിൽ പ്രത്യേകം സ്മർത്തവ്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ വളരെ അപകടം പിടിച്ചു നൂൽപ്പാലത്തിലൂടെയാണ് നിങ്ങളെ നടത്തുന്നത് പാലം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം അസ്വസ്ഥത നിങ്ങളിൽ പറന്നു കയറാതെ നിങ്ങൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്കിറങ്ങിപ്പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇരുന്നിട്ടും കാര്യമില്ല പറഞ്ഞത് ശരിയല്ല കാരണം നിങ്ങളോ നിങ്ങളുടെ ഗവേഷക പ്രമാണിമാരോ നിങ്ങളുടെ കമ്പനികളോ അതിന്റെ ജീയമോ അതിന്റെ മറ്റുന്നതരോ ആ കമ്പനിയിലും പരിസരത്തും തൊഴിൽപരമായി ജീവിക്കുന്നവരിൽ വരുന്ന രോഗങ്ങളുടെ എണ്ണം കൂടി കണ്ടിട്ടും തൊഴിൽ നിർത്തിപ്പോയിക്കഴിഞ്ഞാലും തലമുറകളിലേക്ക് അവരുടെ അന്ധസ്ഥന്തികളിൽ ഉൾപ്പെടെ ആതുരത്വം കുവിഞ്ഞു കൂടിയിട്ടും വരുന്ന തലമുറകൾക്കെങ്കിലും ഇത് വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള ഒരു അന്വേഷണത്തിനോ പഠനത്തിനോ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗവേഷണവും പഠനങ്ങളും പ്രബന്ധങ്ങളുമെല്ലാം പണത്തെ ആസ്പദമാക്കി ആരോഗ്യത്തെ ആസ്പദമാക്കി ഇന്ന് വളർന്നിട്ടില്ല ജനാധിപത്യത്തിൽ കേവലം സത്യമാണ് അച്ഛനും അമ്മയും മക്കളും അമ്മാവനും ബന്ധുക്കളും സന്യാസിയും ഗൃഹസ്ഥനുമെല്ലാം പണത്തിന്റെ ലോകത്തിലല്ലാതെ ആരോഗ്യത്തിന്റെ ലോകത്തിലില്ല എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണമെന്നും തന്റെ മനസ്സിന് സന്തോഷമുണ്ടാകണമെന്നും തന്നോട് ബന്ധമുള്ള തന്റെ കുഞ്ഞ് സന്തുഷ്ടനായിരിക്കണമെന്നും അത് തന്റെ അടുക്കളുണ്ടായ പട്ടിണി പോലും സന്തുഷ്ടിയാണെന്നും ആ പട്ടിണിയിൽ പോലും ആരോഗ്യവും അവസാനം വരെ കാണലും ഇടപെടലും ഉണ്ടാകുമെന്നും വിചാരിച്ച അച്ഛനും അമ്മയും മക്കളും ഇന്ന് നിങ്ങളുടെ ഇടയിലില്ല മാസാമാസം കിട്ടുന്ന ശമ്പളം ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്നോ ഭാര്യയ്ക്കോ കിട്ടിയാൽ മതിയെന്നും അടുത്തിരിക്കേണ്ടതില്ലെന്നും സന്തോഷിക്കേണ്ടതില്ലെന്നും അടുത്തിരുന്നാലാണ് സന്തോഷം പോകുന്നതെന്നും ആരോഗ്യമുണ്ടാകുന്നത് അന്യനോടൊപ്പമുള്ള വേച്ചയ്ക്കാണെന്നും തന്നോടൊപ്പമുള്ള വേച്ചയ്ക്കല്ലെന്നും ബന്ധങ്ങളും കരാറുകളും പണത്തിന് മാത്രമാണെന്നും നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യാ ഭർത്താക്കന്മാരാകുന്നതോടെ തീരുമാനിക്കുന്നിടത്താണ് ഗവേഷണം ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ എന്നെ തെല്ലാം നേരം അല്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ തന്നുകൊള്ളേണ്ടതാണ് ഞാൻ ഏറ്റവും അപകടകരമായാണ് പദവു ഉപയോഗിച്ചത് സുധാകരന്റെ ഭാഷയിലല്ലെന്ന മാത്രമേ ഉള്ളൂ അവ നിങ്ങളുടെ സൈറ്റോപ്ലാസത്തിൽ അവാന്തര പരിണാമങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ മസ്തിഷ്കത്തെ എത്രത്തോളമാണ് നിങ്ങളുടെ സ്ഥിരാകുടത്തെ ഒക്കെ ബാധിക്കുക ആധുനികമായ ഈ ക്യാൻസറിനും അതിൻ്റെ പരിണാമ ഭേദങ്ങൾക്കും നിങ്ങളുടെ തൊഴിലിന്റെ സംഭാവന വളരെ വലുതാണെങ്കിൽ അവയ്ക്ക് ലഭിച്ച ഈ അന്തരാളങ്ങൾ ഉണ്ടാവില്ലേ ചോദ്യം കൊ അഫക്ട് ചെയ്തില്ലെങ്കിലും നിങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ട് കാരണം കൊതുക് കൊതുകൊരു ശതമാനം പോലും കീടനാശിനി ഉണ്ടാക്കാത്തതായതുകൊണ്ടും കീടനാശിനി ജൈവവസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കിയതായതുകൊണ്ടും നിങ്ങളുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആയാലും നിങ്ങളുണ്ടാക്കുന്ന കീടനാശിനി ആയാലും നിങ്ങളുണ്ടാക്കുന്ന പെട്രോളായാലും അതുണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ അറിയാത്ത ജീവജാലങ്ങൾക്ക് അവയെ അതിക്രമിക്കേണ്ടത് ഒരാവശ്യമായി വരുന്നത് അവ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ അവയുടെ സൈറ്റോക്ലാസത്തിൽ അവയെ നേരിടാനുള്ള ഒരു പരിണാമം അത് സ്വഭാവേന രൂപാന്തരപ്പെടുത്തുകയും പറയട്ടെ സ്വഭാവേന രൂപപ്പെടുത്തുകയും മനുഷ്യനാകട്ടെ അറിഞ്ഞുകൊണ്ട് അവനും അവന്റെ സമസൃഷ്ടങ്ങൾക്കും അവന്റെ പ്രകൃതിക്കും ദോഷമാകുമാറ് ശ്രദ്ധാപൂർവം ബുദ്ധിയിൽ ഉണ്ടാക്ക കൊണ്ട് അവരിൽ അറിയാത്തൊരവോധം അതിനെ എതിർക്കുവാൻ പ്രായോഗികമല്ലാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദുരൂഹ സത്യം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന വസ്തു എന്ന ക്രിയാത്മക പ്രതിബദ്ധതയിലേക്ക് എൻ്റെ മസ്തിഷ്കവും എൻ്റെ മനസ്സും എന്റെ കൈകാര്യങ്ങളും ദത്തസദ്ധമാകുമ്പോൾ അവ യാവൃക്ഷികമായൊരു വസ്തുവിനോട് പ്രതികരിക്കുവാൻ സുസജ്ജമായ എന്റെ കോശകോശാന്തരങ്ങൾ പോലെയല്ല അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അവയോട് പ്രതികരിക്കുക മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി എങ്കിൽ ഒരാളെ അമ്മ ഒരു കുഞ്ഞിനെ കുറ്റക്കാരനാക്കുകയും തല്ലുകയും ചെയ്യുമ്പോൾ ആദ്യം അവനെ തല്ലുമെന്ന് തീരുമാനിച്ച് അമ്മയുടെ വികാരങ്ങൾക്കനുസരിച്ച് ക്രൂരമായ ആ കുഞ്ഞിനോട് പെരുമാറുന്ന ഒരു വേളയിൽ ആ കുഞ്ഞ് അമ്മ തല്ലാൻ പോകുന്നു എന്നറിയാതെ അമ്മയെ വീണ്ടും സ്നേഹിച്ച് നിൽക്കുന്നതാണെങ്കിൽ ആ തല്ലിൽ ആ കുഞ്ഞ് ചിരിക്കുമ്പോൾ തല്ലേൽക്കുന്നത് മുഴുവൻ അമ്മയുടെ കോശങ്ങൾക്കാണ് മനസ്സിലായില്ല കുഞ്ഞിന്റെ മേലല്ല ഇനിയും മനസ്സിലായില്ല ഞാൻ പാവമമുള്ള പദമേ ഉപയോഗിച്ചില്ല നിങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ബോധം ഉണർന്നു നിൽക്കുക കൊണ്ട് അബോധത്തിന് പ്രവർത്തിക്കുവാനുള്ള ഇടം നിങ്ങൾ നൽകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്റെ ബോധം കാവലായി ഉണർന്നു നിൽക്കുന്നില്ലെങ്കിൽ എന്റെ അബോധം അവസ്ഥ ഞാൻ നൽകുന്നു എങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രകൃത്യ എന്റെ കോശകോശാന്തരങ്ങൾ സുസജ്ജമാകാതിരിക്കില്ല ഇനിയും മനസ്സിലായില്ല കൊതുകിനും പാറ്റയ്ക്കുമെല്ലാം ഓരോ അവസ്ഥയെയും തരണം ചെയ്യുവാൻ എന്തിന് നിങ്ങൾ പരീക്ഷണനാടിയിൽ ഉപയോഗിക്കുന്ന വൈറസുകൾക്കും അമിതയ്ക്കും ബാക്ടീരിയയ്ക്കും വരെ അതിന്റെ അമിനോ അമ്പലങ്ങളെ ഈ സൈക്കോപ്ലാസത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്നത് വരാൻ പോകുന്നു കണ്ടറിഞ്ഞ് അതിജീവിക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഓക്കുപ്പേഷണൽ ഡിസീസസ് മനസ്സിലായില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് എവിടെയാണെങ്കിൽ പരിണാമ ഭേദം വളരെ സങ്കീർണമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനതിന്റെ നല്ല മലയാളത്തിൽ പറഞ്ഞത് രാത്രിയിൽ പോയി ഒരു താൻ തൊഴിലെടുത്തിട്ട് ആ തൊഴിൽ മേഖലയിൽ അടിക്കാവുന്ന കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും എല്ലാം അടിച്ച് ഉറക്കമിളച്ച് വീട്ടിൽ രാത്രിയിൽ ഇവനില്ലാതെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പകലുള്ള തൊഴിലേക്ക് നീങ്ങുമ്പോൾ തന്റെ ഭാര്യയുള്ള കടപ്പാട് തീർക്കുവാൻ പകലാ ഭാര്യയോട് ഈ തൊഴിലും കഴിഞ്ഞു വന്നവൻ ഉറക്കമിളച്ച് ചേരുന്ന ഇണചേരലിൽ നിന്നുണ്ടാകുന്ന ഒരു സന്താനത്തിന്റെ ജീവിത വ്യാപാരങ്ങളിലേക്ക് നിങ്ങളുടെ ഗവേഷണങ്ങളോ ചിന്തകളോ കടന്നു ചെല്ലാറില്ല കാരണം അങ്ങനെ അത് കുഴപ്പമുള്ളതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ തൊഴിൽ മേഖലകൾ തകരാറിലാകുമെന്നുള്ളതുകൊണ്ട് ഏതൊരു കുഞ്ഞിന് വേണ്ടിയാണോ ഏത് ഭാര്യയ്ക്ക് വേണ്ടിയാണോ ഏത് ഭർത്താവിന് വേണ്ടിയാണോ ഏത് വീടിന് വേണ്ടിയാണോ നിങ്ങൾ രാത്രിയെ കൂടെ അത് അതിന്റെ അന്ധസത്തയെ തന്നെ തകർക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നിങ്ങൾ ഈ പണത്തോട് വിട ഞാൻ വളരെ ദൂരെ സഞ്ചരിച്ചു ഒക്കയുപ്പേഷണൽ ഡിസീസ് എന്ന ഒരു പദം പറഞ്ഞതിൽ ഞാൻ ഇത്രയും നിങ്ങളോട് പറയേണ്ടി വന്നത് ഇതിന്റെ ബാക്കി പത്രം നമുക്ക് പിന്നീട് കാണാം എനിക്ക് വിശ്വാസമില്ല അധ്വാനം മാനസികമോ ശാരീരികമോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം ശാരീരികാധ്വാനം മാനസിക ശാന്തിയെ തരുമെങ്കിൽ മാനസികാധ്വാനം ശരീരത്തെയും മനസ്സിനെയും കളയുമെങ്കിൽ ശാരീരികാധ്വാനം ഇല്ലായ്മ മനസ്സിനെ നിർവീര്യമാക്കുമെങ്കിൽ അത് പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ടതാണ് ആ ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിങ്ങനൊരു സംശയമില്ല എന്തുകൊണ്ടെന്നാൽ ഒരുത്തൻ തെങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് തെങ്ങെന്നെ വിടുന്നില്ല എന്ന് പറയുന്നത് തെങ്ങിലൊരുപ്പിക്കേണ്ട കാര്യമില്ല പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നു എന്നുള്ളതാണോ സത്യം പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടുന്ന് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ അകലെ ഒരു സ്ഥാപനം ഇപ്പോൾ എറണാകുളത്തിന്റെ ഗാർഹിക മാലിന്യങ്ങൾ കമ്പി ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേവലം ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പരിണാമം കൊച്ചിൻ ഡിവിഷൻ ഉണ്ടായിട്ട് ഇരുപത്തഞ്ച് കൊല്ലമേ ആയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാൽ നൂറ്റാണ്ടുകൊണ്ടൊരു സ്ഥാപനത്തെ ഇങ്ങനെ പരിണമിപ്പിച്ചിട്ട് തദ്ദേശവാസികൾക്കോ ഭരണാധിപന്മാർക്കോ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കോ സാഹിത്യകാരന്മാർക്കോ യാതൊരു വേദനയും ഉണ്ടായില്ല എങ്കിൽ അവിടുന്ന് പണമൂറ്റിയെടുത്ത് വീട് വെച്ചവനും അവിടുന്ന് ഊറ്റിയ പണം കൊണ്ടും മകളെ കല്യാണം കഴിച്ചയച്ചവനും മകന് ആറ് വാങ്ങിക്കൊടുത്തവനും മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ആക്കിയവനും ഒക്കെയുള്ള നാട്ടിൽ ആയിരത്തി അഞ്ഞൂറോളം അതിൻ്റെ കോർട്ടേഴ്സിൽ കയറി അന്നുമുതൽ ഇറങ്ങിപ്പോരുന്നത് ഒരു വൈദ്യുതി ഓൺ ചെയ്തിട്ടും വാർത്ത പടയ്ക്കാതിട്ടും മുപ്പത് പൈസയ്ക്ക് മൂന്ന് പൊറോട്ടയും എടങ്ങേരിയുടെ ചോറുമൊക്കെ ഉണ്ടും അനന്താനന്ദമെന്ന് വിശ്വസിക്കുന്ന ലോകങ്ങളിൽ ജീവിച്ച ആ തലമുറകൾ മുടക്കം പൊട്ടി അവിടെ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ഒരു സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ ചരിത്രപരമായ ദൗത്യവും അതിന് ജനതയുടെ വിശ്വാസ ആഴവും അതിൻ്റെ ആവശ്യകതയിൽ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പകൽ പോലെ നിൽക്കുമ്പോൾ സ്ഥാപനങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചതുകൊണ്ടല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ എവിടെയെങ്കിലും ഒരു വരയിൽ ഒരു വർണ്ണത്തിൽ അതിശയോക്തിയോ കള്ളമോ പറഞ്ഞുവെന്ന് അവിടെ തൊഴിൽ ചെയ്ത് ഒരുത്തനും അതിന്റെ അയൽവക്കത്ത് തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ കുറഞ്ഞ വർഷം രണ്ടുപേർ ഇവിടെയുണ്ട് വേറെയും എനിക്ക് പരിചയമുള്ള രണ്ടുപേർ ഒന്ന് അതിനകത്ത് സാമാന്യം നല്ല നിലയിൽ ജോലി ചെയ്ത് ഒരു തന്നെ അവൻ പറയാണ് സ്വാമിജി പറഞ്ഞ അതിശൂർത്തിയാണ് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് അതിന്റെ തൊട്ടടുത്ത് അതുപോലൊരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന അവിടേക്ക് നിത്യവും നോക്കിയിരുന്ന മറ്റൊരാളുമുണ്ട് അമ്മ അപ്പോ അവിടെയുള്ളവറയാളുണ്ട് ഞാൻ പറയില്ല ശരിയാണ് ശരിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മലപ്പാൽ നിങ്ങളുടെ അമ്മയുടെ വൃത്തിയിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കരയും ശരിയല്ല ഇനി അമ്മ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം ഉപദ്രവം ഉണ്ടാക്കിയവനായാലും ശരി ആ വേർപാടിലൊന്ന് കരയും ശരിയല്ല കരയില്ല സർവസംഘ പരിത്യാഗിയായ സന്യാസിക്ക് പോലും ഒരമ്മയുടെ വേർപാട് അതിൽ സന്യാസം സ്വീകരിച്ച് കഴിഞ്ഞായാലും മസിൽ പിടിച്ചൊരു നിൽക്കണുനീരെങ്കിലും പുറത്തു വരാതിരിക്കില്ല പിടിച്ചു വന്നാലും ശരിയല്ല ശരിയല്ല നിങ്ങൾ വച്ചു വളർത്തിക്കൊണ്ടുവന്നൊരു സത്യം കരിഞ്ഞുപോയ ആത്മം ഹൃദയ നിങ്ങൾ അനുഭവിക്കാതിരിക്കില്ല നിങ്ങൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് കാലിനോ കഴിക്കോ വേദന വരികയോ തളരുകയോ ചെയ്താൽ നിങ്ങൾ അല്പമെങ്കിലും ചലിക്കാതിരിക്കില്ല ശരിയല്ല ഇതിന്റെ തകർച്ചയിൽ ആരും ചലിച്ചില്ലെന്ന് മാത്രമല്ല സന്തോഷിക്കുക കൂടി ചെയ്തുവെങ്കിൽ അത് എന്ത് ദുരന്ത ദുശങ്കയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ശരിയാണോ ശരിയാണോ ഞാൻ പറഞ്ഞതിന് തെളിവായി എനിക്ക് തോന്നുന്നത് എന്റെ നിങ്ങൾക്ക് ഈ ചിന്തയുടെ മാർഗത്തിന്റെ വ്യത്യസ്തമല്ലെന്ന് വിചാരിക്കാം ചോദിച്ച ഉത്തരവോ ിട്ട് സാഹിറയുന്നു ഇറങ്ങാൻ പറ്റുന്ന കാര്യം ഉണ്ടാവും മറ്റുതും വീഴുന്നുണ്ട് അതുകൊണ്ട് തൊഴിൽപരമായ രംഗത്തെ കുറിച്ചാൻ പോകുമ്പോൾ അത് സ്വകാര്യ മേഖലയാകട്ടെ പൊതുമേഖലയാകട്ടെ മറ്റു രംഗങ്ങളാകട്ടെ അത് കാർഷികേതരമായ അവന്റെ സംസ്കാരത്തിലും മനസ്സിലും അവന്റെ കോശ കോശാന്തരങ്ങളിലും ഉണ്ടാക്കുന്ന പരിണാമം അവന്റെ ആഹാരത്തിലും വിഹാരത്തിലും മാറ്റമുണ്ടാക്കുന്നു ആഹാര വിഹാരങ്ങൾ ദോഷങ്ങൾ ആയി തീരുമ്പോൾ ആഹാരവും വിഹാരവും കൊണ്ടുള്ള ദോഷം കൊണ്ട് കപപ്രധാനമായി ഭവിച്ച് രക്തമാംസമേദോധാതുക്കളെയും അവയെ വഹിക്കുന്ന സ്രോതസ്സുകളെയും ദൂഷിപ്പിച്ച് ഗ്രന്ഥികൾക്ക് കാരണമായി തീരുന്നു അങ്ങനെ ആ മുഴയുണ്ടാകുന്നത് സ്ഥിരകളിൽ വരുന്നത് സ്ഥിരാഗ്രന്ഥി നിന്ന് പണിയെടുക്കുന്നവർക്ക് അതുണ്ടാകുന്നത് വെരി കോസ് അത് സ്ഥിരയിൽ വരുന്ന ചെറിയ മുഴകളാണ് കാരണം അത് അടഞ്ഞു കൂടുകയാണ് സ്ഥിരയടയുന്ന സ്ഥിരാഗ്രന്ഥി എന്നാണ് അതിന് പറയുക ആ സ്ഥിരയിലൂടെയുള്ള രക്തം കട്ടിപിടിക്കുകയും ആ സ്ഥിരകളിൽ അത് കട്ടിയായി പോയി സ്ഥിര തടിക്കുകയും ചെയ്യുന്നു തടിച്ചു തടിച്ച് കൊട്ടു വന്നു ആ സ്ഥിരാഗ്രഹം ഈ കാരുൻ കയ്യിലും ഭക്ഷണങ്ങളിലും യോനിയിലുമൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഉദത്തിലെത്തിയാൽ അതിന് അർച്ചസ് എന്ന് പറയും മനസ്സിലായില്ല വേദിയോട് വ്യത്യാസം സാധനം ഔഷധവും ഒന്ന് മതി കാരണം ആ ദോഷത്തെ കളയാനാണെങ്കിൽ അതിന് പുതിയ പേരും പറഞ്ഞുകൊണ്ട് വൈദ്യന്മാരെ ചില്ലും പഴയ വൈദ്യന്മാരെ ബേരിക്കൂസിലാണ് അവർ പറയുന്നതിന് വരുന്നില്ല പേരൊന്നും പറയാതെ കൊണ്ട് കാണിച്ചാൽ അവരുടെ ചെല്ലിലെടുക്കും വരുന്നതിരിൽ രണ്ടാഴ്ച കൊണ്ട് പോവും മനസ്സിലായില്ല കാരണം അവര് ഡയഗ്നോസ് ചെയ്യണം നിങ്ങൾ ആദ്യം പോയി മോഡേൺ മെഡിസിനിൽ കാണിച്ച് അവിടുത്തെ പേരെല്ലാം നിങ്ങളാദ്യം പഠിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കാൻ തന്നെ ചിലപ്പോ മനസ്സിലായിട്ട് വരികയല്ല ചിലപ്പോ ചെന്നിട്ട് പറയാം ഏരി കോക്ലി എന്നൊക്കെ ആയിരിക്കും പറയാം എന്നാലും ഇംഗ്ലീഷാണെന്നൊരു സമാധാനം പറഞ്ഞല്ല ഡോക്ടറോട് ഇരിക്കും വന്നൊരു സ്ത്രീ പറഞ്ഞാണ് കഴിഞ്ഞ തവണ നമ്മളോട് ഇരിക്കുമ്പോൾ ആ രാമവിശ്വാസമാണ് സമിതി വേരി കോപ്പിയ തീ എതിയാണ് അത് കെടിയായി മാറി അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ഡോക്ടർ ഓർക്കുന്നുണ്ടോന്നറിയില്ല ആ അതുകൊണ്ട് പറഞ്ഞതാണ് അതൊക്കെ ഇങ്ങനെയുള്ള ഈ പദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാണാതെ പഠിക്കും നടന്നുകൊണ്ട് അല്ല അവരിതൊന്നും ആലോചിച്ചല്ല പറഞ്ഞു ഇംഗ്ലീഷിലാൻ കൂടെ അൽപ്പം ഗമയുണ്ടെന്ന് വെച്ച് പറഞ്ഞു പാവം ഇത് ചില കാരണന്മാർ പറയല്ലേ കാരണം പോറലിലാണ് ഐവക്കത്തൊരു കാർണവരുടെ മകനും പോരലില്ല ഇപ്പൊ രണ്ടുപേര് പോണില്ല അപ്പോ അയൽവക്കത്തെ കാർണൂർ അടുത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ കർണൂർ പറഞ്ഞു അവളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു ഇപ്പൊ പ്രഗ്നന്റ് പോറിൽ അവിടെ പോലെ കാണാതെ പഠിച്ചു പ്രഗ്നന്റ് പോറിൽ പ്രഗ്നന്റ് പോറിൽ പഠിച്ചു പിടിച്ചു വന്നിട്ട് പിന്നെ വീട്ടിലാരോ വന്നോ പറഞ്ഞു മകനിപ്പോ എവിടെയാണ് ചോദിച്ചു അവനങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല കാരണം ഈ ഫോർമേകൾ കുറച്ചുകൂടെ തടിപ്പുണ്ട് പ്രജ്ഞിന് ശരിയല്ല ഇച്ചിരി കനം കൂടലേ കണം കൂടിയ വകോ ഗേമ പഠിക്കും എന്നു വായിക്കുമെന്ന് പറയുന്നു അപ്പോ അങ്ങനെ ദൂഷിപ്പിച്ച് ഗ്രന്ഥികൾക്ക് കാരണമായി തീരുന്നു അത് സ്രോതത്തിൽ എവിടെയുണ്ടാവാം ഹൃദയത്തിലേക്ക് പോകുന്ന ധമനിയിൽ ക്ഷയമുണ്ടാവാം ഇപ്പൊ എവിടെ വേണമെങ്കിലും ഇതുണ്ടാവാം വാതികം പൈത്തികം കപചം സാന്നിവാതികം മാംസജം മേധജം അസ്ഥികം സിരാജം പ്രാണജം തുടങ്ങി ഭ്രണജം ഇങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളിൽ ഭ്രണഗ്രന്ഥികൾ ചിലത് ഭ്രണമായി കഴിഞ്ഞ് അവിടുന്ന് കഴിച്ചുകൊണ്ടു പല്ലിനിടയിലൊക്കെ ഉണ്ടാവും മോണ ചിലപ്പോ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വെളുത്തൊരു കന്തം ഉണ്ടാവും ആ കന്തം പതുക്കെ പുറത്തുകൊണ്ട് തന്നു വരാൻ തുടങ്ങാം കന്തങ്ങളാണ് പ്രണജഗ്രന്ഥികളാണ് അപ്പൊ അങ്ങനെ വരുന്ന ഗ്രന്ഥികൾ പ്രണഗ്രന്ഥികൾ പലതരത്തിലുണ്ടാകാം ഇങ്ങനെ ഒൻപത് വിധത്തിലാണ് പ്രാചീന ആചാര്യന്മാർ എന്നെ കണ്ടിട്ടുള്ളത് ം പൈത്തികം കവചം സാന്നിപാതിജം വാദികം പൈത്തികം കവചം സാന്നിപാതികം മാംസജം മേധജം മാംസത്തെ ആസ്പദമാക്കിയിട്ടുണ്ടായിരുന്നത് മാംസഗ്രന്ഥികളാണ് അത് മാംസജ ഗ്രന്ഥികൾ എന്ന് പറയും വേശിയിലൊക്കെ ഉണ്ടാകുന്നത് അത് മേധജഗ്രന്ഥികളാണ് അസ്ഥികളിലുണ്ടാവും മുഴകൾ അത് അസ്ഥിജമാണ് സ്ഥിരകളിലുണ്ടാവും അത് സ്ഥിരജമാണ് സ്ഥിരാജഗ്രന്ഥികളാണ് സ്ഥിരാഗ്രന്ഥികൾ വെരി കോസിൽ എന്നൊക്കെ പറയുന്നത് ആ ആ മുഴകളൊക്കെ അങ്ങനെയുള്ളതാണ് ആ ഗ്രന്ഥികൾ തന്നെയാണ് വാദഗ്രന്ഥികളാണ് എനിക്ക് പഴയ ആളിൽ ചിലപ്പോൾ ചിലത് പൊട്ടിച്ചു കളയും ചിലത് വറ്റിച്ച് കളയും വറ്റിക്കാൻ മരുന്നുകളുണ്ട് പൊട്ടിക്കാൻ മരുന്നുകളുണ്ട് അതിന് ഒരുപിടി മരുന്നുകളുണ്ട് കടുക്കാവെണ്ണ അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് ചിലത് അരിമാവും കൂടെ വേവിച്ച് നല്ല മോളിലോട്ട് വെച്ചാൽ ഒരു പിടി മരുന്നുകൾ അവർക്കറിയാം പഴയ അമ്മമാർക്ക് ഒരു പിടി അറിയാം ഓരോ ഈ മുഴയിലേക്ക് ചുക്കും ഓരോ കൂടെ ഇന്ന് കാണുന്ന മേധജങ്ങളായിരിക്കുന്ന സ്ഥനവിദ്രസികളെല്ലാം മുലയിൽ വരുന്ന മുഴകളതിന്റെ തുടക്കത്തിൽ അതിന്റെ കൈകൊണ്ട് തൊടുമ്പോൾ എവിടെയെങ്കിലും തോന്നിയാൽ ഒരൽപ്പം ചുക്കും ഓരിൽ അരച്ച് തോരത്തോര ഞങ്ങിട്ടായിരുന്നു പറ്റിപ്പോവും അത്രയ്ക്കുള്ള കാര്യമുള്ളൂ തുടക്കത്തിലിടണം അത് തുടക്കത്തിൽ ഇടാൻ പറ്റണമെന്നു കഴിയിൽ വീട്ടിലുള്ളവർക്ക് അറിവുണ്ടാകണം ഇതിന് അറിവിരിക്കുന്ന വേറൊരു തന്റെ കയ്യിലാണ് പോയി ക്യോദിക്കണം ചെയ്യണം മനസ്സിലായില്ല അവന് സമയം വരുമ്പോ കാണണം കാണുന്ന സമയത്ത് ഇത് പരിശോധിക്കാൻ നേരം പരിശോധിച്ചാലിതിന് കാശുമുടക്കാവുന്ന മരുന്ന് എഴുതി തരാം വീട്ടിലെ ചുക്കും പോലും കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാകുന്നുണ്ടാവ് വീട്ടിലിരിക്കുന്ന ചുക്കും പോലും കൂടെ അടിച്ച് തോരത്തോരയിട്ട് നിങ്ങളുടെ സ്ഥലത്തിലെ വിദ്യുതി വറ്റിപ്പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങള് ആദ്യം പഠിച്ചിട്ട് വന്ന് ചുക്കും കൊണ്ട് നിങ്ങളുടെ രോഗം മാറി എന്ന് പറഞ്ഞാൽ അവളുടെ സ്ത്രീധനം കൊണ്ടാണ് എത്തിക്ക് പോയത് പറഞ്ഞ നിങ്ങളോടൊരു ഇതുപോലും മനസ്സിലാവും അപ്പൊ പഴയ കാരണോദ്യമായിട്ട് തിരികെ ഒരു പശുവിന്റെ പല്ലരച്ച് കഷത്തിലേക്ക് ഇട്ടാൽ കക്ഷത്തിൽ വരുന്ന വിദ്രധികളൊക്കെ പോവും ഒരാമയുടെ തോട് മോരിൽ അരച്ചിട്ടാൽ മേധഗ്രന്ഥികളെല്ലാം പോവും എഴില്ലില്ല ആമത്തോട് എടുത്തു നോക്കും പഴയ കാലത്ത് എഴുതില്ല പന്നിത്തേറ്റ എടുത്തു നോക്കും അരച്ചില്ല പന്നിയുടെ തേറ്റ അരച്ചിട്ടാ പോവും ആമയുടെ തോടും പന്നിയുടെ നേറ്റയുടെ ഏതാണ്ട് സമാനങ്ങളാ മനസ്സിലായില്ല ഒന്നും എഴുണ്ടേയില്ല പന്നിത്തേറ്റ ആമത്തോട് നല്ല അമ്മയണൊന്നും ചെയ്യില്ല കഞ്ഞിവെള്ളം ചോരജനം കഞ്ഞിവെള്ളം വേറൊരു കഞ്ഞിവെള്ളം തോരെ തോരെ പരട്ടി കൂട്ടും ചോരത്തോരെ പരട്ടി കൊടുത്ത് ഉണങ്ങുന്നതിന് ഉണങ്ങുന്നതിന് അവ തൊലിയിങ്ങി വരികയും ഒന്ന് അടുക്കൂടി ഈ സാധനം അങ്ങ് ധരിക്കും അതിൻ്റെ അകത്തൊരു ഒരു മുള അതൊന്ന് തിരിച്ചു പിന്നെ പേടിക്കാനൊന്നുമില്ല പിന്നെ തന്നെ ഉണക്കും പിന്നെ ഉണങ്ങാനുള്ള വരുന്നൊക്കെ സന്ദർപ്പണ കുഴപ്പുകൾ പലതും കിട്ടാമതി പെട്ടെന്ന് മാറും ഇപ്പൊ ഓടി ഇളക്കുകയാണ് കാരണം തല താറിനാണ് ഇപ്പൊ താരാരി സ്പെഷ്യൽ ഇല്ലേ ഇതൊക്കെ വേണേക്ക് തല തേക്കും പഴയ അമ്മയാണെങ്കിൽ തലേൽ കഞ്ഞിലെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കും കഞ്ഞുള്ള തലേ തേച്ച് രണ്ടു ദിവസം കുളിങ്ങി ഇപ്പൊ അമ്മ കഞ്ഞുള്ള വെള്ളം എടുത്ത് തെച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയ അന്ധവിശ്വാസം എന്റെ കുഞ്ഞിന്റെ തലയിൽ വേണ്ട അതൊക്കെ അങ്ങ് തലയെ വെച്ചാൽ മതി ഞാൻ കാശ് മുടക്കിയുള്ളത് മേടിച്ച് ചെയ്യുന്നുള്ളൂ കാശില്ലാതൊന്നുമല്ല ഞാൻ ജീവിച്ചത് നിങ്ങളുടെ കൊണ്ട് പണ്ടത്തെ കുറെ പട്ടണ കിടന്നൊന്നും ജീവിച്ചതല്ല ശരിയല്ല എൻ്റെ തന്നയ്ക്ക് നല്ല ജോലിയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൈയുള്ളും പിണ്ണാത്ത ഒന്നും എനിക്ക് വേണ്ട ശരിയല്ല എന്നിട്ട് പോയി സാമി സ്പെഷ്യൽ സോറോണിൽ മേടിച്ച് തലയിൽ തേക്കും തലമുഴ പൊണ്ണായി അടുത്തവൻ്റെ അടുക്കിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അത് പൊട്ടി ഒലിക്കും മനസ്സിലായില്ല അപ്പൊ പോയി നാലും സീറോ ഇടിക്കും അതിൻ്റെ കോഴ്സ് തീരുമ്പോ വീണ്ടും തുടങ്ങും അവസാനം നാലിട്ടിരിക്കാനും വയ്യ മനസ്സിലായില്ല ശരിയല്ല ശാസ്ത്രീയമായി ചികിത്സിച്ച് ശാസ്ത്രീയമായി ചീഞ്ഞ് ശാസ്ത്രീയമായി മരിക്കുന്ന ശാസ്ത്രാത്ഭുതങ്ങൾ ഭരണാചരണഗ്രന്ഥി ഇങ്ങനെ ഒൻപത് ഭേദങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട് പ്രാചീനം ഗ്രന്ഥികളുടെ കൂടെ ഇതിൽ വാദദോഷ ഗ്രന്ഥികൾ വിവിധ തരത്തിലുള്ള വേദനകളോട് കൂടിയതാണ് ചില മുഴയ്ക്ക് വേദന അത് വാദമാണ് ചിലതിന് വേദന ഉണ്ടാവില്ല വേദനയുള്ളവ അതൊക്കെ അമ്മമാർക്ക് നോക്കിയാൽ അറിയുന്നത് വാതജമാണോ വാതജമാണെങ്കിൽ അവർ വാദത്തിനുള്ളൊരു മരുന്നോടൊ കൊടുക്കുന്നു യോഗരാജ കൊടുക്കും അപ്പൊ അത് ശരീരഭാവങ്ങളിൽ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതും ഇടക്കിടക്ക് വർദ്ധിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നതും സ്പർശത്തിൽ മൃദുവും ശീലവും ആയിരിക്കുകയും മൾട്ടിപ്പൊഴിഞ്ഞൂറോ പൈപ്രോമ കോണയൊക്കെ ഉണ്ടാവും ചിലർക്ക് നേർമ്മുകളിലെല്ലാം ഉണ്ടാവും അങ്ങനെ വരുന്നവ തോൽസഞ്ചി പോലെ തീർത്തവയും ആയിരിക്കും പിത്തപ്രധാനമായ ഗ്രന്ഥികൾ ചുട്ടുനീറ്റലോടുകൂടിയതും വളരെ വേഗത്തിൽ പഴുക്കുന്നത് തീ കൊണ്ട് കൊള്ളിക്കുന്നത് പോലെയുള്ള വേദനയോടുകൂടിയതും നീല മഞ്ഞ ചുവപ്പ് നിറങ്ങളോടുകൂടിയതും ആയിരിക്കും കപഗ്രന്ഥികൾ സ്പർശത്തിൽ കഠിനവും തണുത്തതും വേദനയില്ലാത്തതും ചൊറിച്ചിലോടുകൂടിയതും ക്രമേണ വലുതാകുന്നതുമായിരിക്കും സന്നിപാതക ഗ്രന്ഥികളിൽ പിത്തഗ്രന്ഥികളുടെ ലക്ഷണങ്ങൾ അധികവും ഉണ്ടായിരിക്കും ഗ്രന്ഥികൾ കപഗ്രന്ഥികൾക്ക് തുല്യമായിരിക്കും അവ കപഗ്രന്ഥി പോലെ തന്നെ കണക്കാക്കേണ്ടതാണ് ആയത് സ്ഥിരകളാൽ ആവൃതവുമായിരിക്കും അസ്ഥികൾക്കുണ്ടാകുന്ന ക്ഷതമോ ഭംഗമോ കാരണമായി ഉണ്ടാകുന്ന വേദനയോടുകൂടിയ ഗ്രന്ഥി രൂപത്തിലുള്ള വീക്കത്തെ അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ ഇത് വളരെ കൂടുതലാണ് ഇത് പഴയ കാലത്തൊരുതം വീണാൽ അവൻ്റെ അസ്ഥിക്ക് ഭംഗമോ അസ്ഥിക്ക് വേദനയോ അസ്ഥിക്ക് നേർക്കെട്ടോ ഒക്കെ ഉണ്ടായാൽ പഴയ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യും അസ്ഥി സൂക്ഷിക്കേണ്ടതായത് അത് കർക്കിടക മാസത്തിലൊക്കെ വീണാൽ വളരെ ശ്രദ്ധിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് വീഴുക വള്ളത്തേൽ വീഴുക ഇങ്ങനെയൊക്കെ വീഴുകയാണെങ്കിൽ പഴയ അമ്മമാർ ഉടനെ തന്നെ മർമ്മക്ഷതമുണ്ടോ എന്നറിയുന്നതിന് മർമ്മത്തെറിയുന്ന വൈദ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോകും മിക്കവാറും അമ്മമാർക്കും മർമ്മത്തെക്കുറിച്ചുള്ള വിവരമുള്ളതുകൊണ്ട് മുക്കണ്ണൻ പേരിൽ നിന്നൊരു ചെടിയുണ്ട് കേട്ടിട്ടില്ല കേട്ടിട്ടുള്ളതില്ല